സ്ത്രീത്വമാണ് സ്ത്രീയുടെ തത്വവും സത്യയും ഇന്ന് പല പുരുഷന്മാരും സ്ത്രീയെ വെറും ശരീരമായിട്ടും മാംസമുണ്ടാകായിട്ടാണ് കാണുന്നത് മാംസം ജീവനിലല്ലോ അത് ഭക്ഷിക്കാനുള്ളതാണ് ഇതുപോലാണ് പല പുരുഷന്മാരുടെയും മനോഭാവം സ്ത്രീധത്വത്തെ വിസ്മരിക്കുന്നു മാതൃത്തിനും മഹമയെ മറക്കുന്നു ഇതുപോലാണ് പല പുരുഷന്മാരും അതുകൊണ്ടാണ് പല അവമാനിക്കുന്ന ആയിട്ട് തോന്നുന്നത് അവിടെ സ്ത്രീയോട് അവമാനമായിട്ട് ഒരു അഭിമാനിക്കുന്നൊരു വിനോദമായിട്ടാണ് പല പുരുഷന്മാരും കാണുന്നത് വിശക്കു ഭക്ഷണം കഴിക്കാൻ കാണിക്കുന്ന ആർത്തി പോലാണ് പല പുരുഷന്മാരും സ്ത്രീയോട് പെരുമാറുന്നത് ഈ സാഹചര്യം സ്ത്രീയെ അതറോടെ കാണാനും പെരുമാറാനുമുള്ള പ്രധാനക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ഇത്തരം വേളകൾ സഹായമാകും എന്നുള്ളതിൽ സംശയമില്ല ഈ പരിപാടിയും ഇവിടെ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുന്ന ആശയങ്ങളും ഈ അരെങ്കിലും മൈതാനത്ത് മാത്രം ഒതുങ്ങരുതെന്നാണ് അവരുടെ പ്രാർത്ഥന അവമാനതയായ സ്ത്രീകളെ ഇരകളായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും പറയുന്നത് നിസ്സഹായ ദുർബല ആശയമാറ്റവൾ എന്നൊക്കെയാണ് അവ അധ്വനിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ തന്നെ സ്ത്രീ അസക്തിയാണ് അബലയാണ് ചബലയാണ് ദുർബല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ഈ ധാരണയ്ക്ക് മാറ്റം അന്ന സ്ത്രീത്തിനും മാത്രം മകത്തിനും മകന്മയെ കുറിച്ച് ബോധവാന് മാറണം അത് അംഗീകരിക്കണം ശ്രീ ലളിതാസാശ്രമത്തിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സുരൂപിണ്യെന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ സ്ത്രീലും ഈ മൂന്ന് ഗുണങ്ങൾ അന്തർലീനമായിട്ടുണ്ട് അമ്മയുടെ കാഴ്ചപ്പാട് സ്ത്രീയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണ് ഇരുകുട്ടർക്കും ഈശ്വരനും പഴുകി നൽകിയിരിക്കുന്ന കഴിവുകളും ഗുണങ്ങളുമുണ്ട് അവരെ സമൂഹത്തിന് സമൂലം അവർക്കും വികാസനും ഇല്ല സ്ത്രീടെയും പുരുഷൻ്റെയും സംഭാവനകൾ ആവശ്യമാണ് രാഷ്ട്രീയം സാമൂഹ്യം സാമ്പത്തിക മരങ്ങൾ സ്ത്രീകൾ മുൻപുതി വരുന്നതിൽ സന്തോഷകര കാര്യമാണ് ചില വ്യാജ ഡോക്ടർമാരുടെ ദുഷ്പ്രച്ച പ്രവൃത്തികളുണ്ട് ഡോക്ടർമാരുടെ സമൂഹത്തിന് അണക്കെടും പേരുദോഷവും ഉണ്ടാക്കും അവരുടെ പുരുഷന്മാരുടെ നിജമായ പ്രവൃത്തികളുണ്ട് പുരുഷന്മാരുടെ സമൂഹത്തിന് തന്നെ അപമാനമായി തീർന്നിരിക്കുന്നു മൃഗലോകത്ത് പോലും ചില നിയമങ്ങളുണ്ട് മനുഷ്യൻ അവയേക്കാൾ വിവരവും ബോധവുമില്ലാതെ ഇരിക്കുന്നു ഇത് ഭാരത സംസ്കാരമല്ല കടമെടുത്ത ചിന്തകളുടെയും അനുയർണ്ണങ്ങളുടെയും അന്ധവും ഭ്രാന്തവുമായ ആവിഷ്കാരമാണ് ശക്തമായ നിയമനിർമ്മാണ നടപടിക്ക് പുറമെ ഭാരതത്തിന് സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നം കൂടി നമ്മുടെ ഭാഗത്തുനിണ്ടാകണം എങ്കിലേ ഈ വൻകര നമുക്ക് കിടക്കാൻ സാധിക്കുകയുള്ളു എവിടെയാണോ സ്ത്രീ ആദരിക്കുന്നത് അവിടെ ദിവ്യത്വം പോകണി എവിടെയാണോ സ്ത്രീ അനാദരിക്കപ്പെടുന്നത് അവിടുത്തെ കർമ്മം എത്ര ശ്രേഷ്ഠമായാലും അത് വിപുലമാകും ഇത് മനസ്മൃതിയിലെ പ്രധാന ശ്ലോകമാണ് ഭാരതത്തിൻ്റെ ആത്മാവാണ് ആ ശ്ലോകത്തിൽ പ്രതിഫലിക്കുന്നത് ഈ കാണുന്നെല്ലാം പരമാത്മാവിൻ്റെ ബിന് നാമകരമാണ് കാണുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ഋഷിയുടെ സങ്കല്പം ഭേദവാക്യമാണ് ഈ മണലും അന്തരീക്ഷയും സ്ഥന്ധിക്കുന്നത് അതുകൊണ്ട് അതിനെതിരായി പ്രവർത്തിച്ചാൽ അത് രാജ്യത്തിൻ്റെ ദിനങ്ങൾ ദോഷകരമായിത്തീരും ആധ്യാത്മിക ചിന്തിക്കുമ്പം സ്ത്രീയും പുരുഷൻ രണ്ടല്ല ഒരാത്മാവിൻ്റെ വിവിധ ഭാഗങ്ങളാണ് എല്ലാ സ്ത്രീകളെയും സഹോദരിയായിട്ടും അമ്മയായിട്ടും കാണുകയെന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും എന്നാലെന്തിനോട് എന്ത് എന്നാൽ എന്തിനാണ് അവളോട് അതിക്രമിക്കുന്നത് അലക്ഷേപിക്കുന്നത് മര്യാദയെ പെരുമാറുന്നത് നീന്തൽമെട്ടിലേതുപോലെ കാരും പുരുഷനെ ഭ്രാന്തന ഗുരുവിനെ ഭ്രാന്തനാക്കുന്നുള്ളു ഇങ്ങനെപ്പോയ ലോകം തന്നെ ഒരു ഭ്രാന്താലയമാകും ഞങ്ങളാണ് മേധാവികൾ മേന്മയേറിയത് യജമാനന്മാർ എന്നുള്ളത് ചില പുരുഷന്മാരുടെ തെറ്റിദ്ധാരണയാണ് ഈശ്വരനോ പ്രകൃതിക്കോ അതിൽ നിയമം നിയമം അതിൽ പങ്കില്ല എന്നുള്ളതാണ് എവിടെയാണോ കൂടുതൽ സ്നേഹവും കാരുണ്യവും അമിതമായി കാണുന്ന അവിടെ സ്ത്രീയായി സങ്കല്പിക്കുന്ന സംസ്കാരമാണ് ഭാരത്തിൽ സമ്പ്രദായമാണ് ഭാരത്തിലുള്ളത് അതുകൊണ്ടാണ് ദേഹമാത ദേശമാത വേദമാത ഗോമാത തുടങ്ങിയ സങ്കല്പങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് സ്ത്രീ അബലയാണ് ചബലയാണ് ദുർബലെന്നൊക്കെ കരുതി കരുതി മനുഷ്യ സമൂഹമുള്ള കണ്ടീഷനോട് ബന്ധിച്ചിരിക്കുകയാണ് സ്ത്രീ മനസ്സി വെച്ചാൽ ഒക്കെ ചെയ്യാൻ ആ ശക്തി കൊടുത്തുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രം മതി കുടുംബം വാസ്തവ കുടുംബം മുകളോട്ട് കാര്യം വരെ സ്ത്രീ വലിയ സ്വാധീന ശക്തിയാണ് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും സ്ത്രീയുടെ ശക്തി മാതൃത്വത്തിലാണ് മാതൃണ സ്ത്രീയുടെ ശക്തി മാതൃത്തിലാണ് മാതൃത്തിലാണെങ്കിൽ സ്ത്രീ ശക്തി മാതൃത്തിലാണ് അതാ പരിവർത്തൻ്റെ ശക്തിയാണ് മറ്റുള്ള ഹൃദയം അറിഞ്ഞ് സഹായിക്കും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് ഓരോ യഥാർത്ഥം മാതാവിന് മാത്രമേ ശിക്ഷയും ശിക്ഷയും സന്തുലമായി കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ ഇപ്പം പറയുമ്പോൾ അമ്മ ഒരു സംഭവം ആശ്രമത്തിൽ അവർക്കാണ് ഞാൻ ദർശനം കഴിഞ്ഞ് റൂമിലോട്ട് വരുമ്പോൾ കുറേ കുട്ടികൾ എൻ്റെ കൂടെ വരും അപ്പം അതിലിൽ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ ഇവരുടെ എല്ലാം പാത്രത്തിൽ പത്തൊഴിവ് കുട്ടികളെ പത്ത് കുട്ടികളും പതിനഞ്ച് ഒഴിവ് കുട്ടികളും ഉണ്ടാകും ഇവിടെ എല്ലാം പാത്രത്തിൽ ഓറും തൈര് ഇട്ട് കൊടുക്കും അപ്പം ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ടാകും അത് കഴിക്കെടുത്ത് അറിയില്ല അപ്പം ഈ പെൺകുട്ടികളെ ആ കുട്ടികളുടെ വായിലെടുത്ത് ഭക്ഷണം വെച്ച് കൊടുക്കും അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കുകയുള്ളു അപ്പോൾ ഇത് പല ഒരു പ്രാവശ്യമല്ല നൂറ് പ്രാവശ്യമല്ല പല ദിവസങ്ങളും ഇതമ്മ പ്രത്യക്ഷത്തിൽ കണ്ടു പല പല പെൺകുട്ടികളും അങ്ങനെയല്ല ആ മക്കൾ തന്നെ എടുത്ത് കഴിച്ചിട്ട് അവർ പോകും പെൺകുട്ടി ഇങ്ങനെ കൊടുത്തിട്ടേ കഴിക്കുകയുള്ളു തിന്നിട്ട് ഇളങ്ങി നിൽക്കും അവർ നയിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവരെ കുറ്റപ്പെടുന്നതില പറയുന്നതാണ് അപ്പോൾ ഓരോ കുട്ടികളും മാതൃത്വം സഹജമായിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ആ മാതൃത്വം കാരുണ്യത്തിൻ്റെതാണ് അപ്പം ഈ കാരുണ്യമാണ് മറ്റുള്ള ദുർബലമാണ് ദുർബലതയാണെന്ന് പറയുന്നത് അവൾ പറയുന്ന കാഠ്യത്തിൻ്റെ കൂടെ ജ്ഞാനും കൂടി വരണം ഞാനും കൂടി വന്നാലേ മുന്നോട്ട് സ്ത്രീക്ക് പോകാൻ സാധിക്കുള്ളു അപ്പം ഈ ജ്ഞാനമല്ലാത്ത കൊണ്ടാണ് മാത് ദുർബലതയാണെന്നും മറ്റുള്ള ശ്രമിക്കുന്നത് സ്ത്രീ പൂച്ചക്കുട്ടിയല്ല അവളെ ശൗര്യവും വീര്യമുള്ള സിംഹക്കുട്ടിയാണ് സിംഹ അവൾ പരാസക്തികർ മെഴുതിരയല്ല സ്വയം ജീവിക്കേണ്ട സൂര്യനാണ് പുരുഷന് സ്ത്രീയേക്കാൾ ശരീരഭരം ഉണ്ടായിരിക്കാം എന്നാൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ ബലമുള്ളൊരു മസിലുണ്ട് അത് ഹൃദയത്തിലാണ് ഇന്ന് സ്ത്രീകൾ പുരുഷനെ അനുകരിക്കുന്നത് പോലെ കയ്യിൽ മസിൽ വയ്ക്കാനാണ് അനുകരിക്കുന്നത് അതൊരു തെറ്റിൽ നിന്ന് വേറൊരു തെറ്റിലേക്ക് പോകുന്ന പോലെയാണ് അത് പോസിറ്റീവും പോസിറ്റീവ് ഒന്നും ചേർക്കാൻ ശ്രമിക്കുന്ന അതാണ് ഈ കുടുംബ തകർച്ചയൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുന്നത് അമ്മ ഹൃദയത്തിലാണ് മസിൽ കൊണ്ടുവരേണ്ടത് അപ്പം നമുക്ക് നേരിടാനും അതിജീവിക്കാനും സാഹചര്യങ്ങൾ സ്വീകരിക്കാൻ അതിജീവിക്കാനുള്ള ശക്തി കൊണ്ട് നമുക്ക് കിട്ടുമെന്നുള്ള കിട്ടുമെന്നുള്ളതാണ് പേ എങ്ങനെ പണ്ട് സമൂഹം ഒരു വൻവേ പോലെ ഒറ്റ ഒറ്റയെടുപ്പാതെ ആയിരുന്നു അതിൽ പുരുഷന്മാർക്ക് മാർക്ക് ആണെങ്കിൽ നടക്കാൻ നിയമം ഉണ്ടായിരുന്നുള്ളൂ ആ സമൂഹം അങ്ങനെ വൻ വേ ആകാതെ ഹൈവേ ആണ് വഴി മാർക്ക് വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്യണം ഇത് പറയുമ്പം അമ്മ ഗ്രാമങ്ങളിലെത്തെടുത്ത സമയത്ത് ആ ഗ്രാമങ്ങളിൽ വിട്ടപ്പം ചില സ്ത്രീകൾ വിശപ്പടക്കാൻ പ പാക്ക് തിന്നു വിശപ്പറിയാതിരിക്കാൻ വേണ്ടി അഥവാ പുരുഷന്മാരെ ബുണ്ടപ്പെടുത്താലും അവരെ കള്ളു കുടിച്ചിട്ട് വന്ന് ചവിട്ടിയിടിക്കുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ ഗർഭിണിയാകുമ്പോൾ പോഷാസമില്ലാത്ത കുട്ടികളെയാണ് ജനിപ്പിക്കുന്നത് പല കുട്ടികളും അങ്ങനെ മരിക്കാനും ഇടയായിട്ടുണ്ട് അപ്പം ഈ സ്ത്രീകളെ ഇങ്ങനെ ചവിട്ടും കള്ളു കുടിച്ചിട്ടും ചവിട്ടി ഉള്ളിൽ വെച്ച് കഴിക്കാൻ പോലും പറ്റില്ല ഈ സ്ത്രീകളെ നമ്മൾ അമൃതശ്രീ എന്നുള്ള പദ്ധതി ചേർക്കുകയും അവരെ സഹായിക്കുകയും അവരെ സ്വയം പര്യാപ്തമായി സഹ അവർ ഉണരു വരികയും ബിസിനസ് ചെയ്യുകയും ആ സ്ത്രീകൾ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനും കല്യാണം നടത്താനും ഒക്കെ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ചവിട്ടിയിടിക്കുകയും ചെയ്ത പുരുഷന്മാരൻ തന്നെ ഈ സ്ത്രീയോട് ആദരവ് കാണിക്കാൻ തുടങ്ങി അവരോട് ആദരവ് കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം സ്ത്രീ അമ്മയാണ് സ്ത്രീ അമ്മയാണ് സമൂഹത്തിൻ്റെ ആദിഗുരുവാണ് ഗുഭാത്തത്തിൽ കിടക്കുമ്പോൾ അവളെ അമ്മയും കുഞ്ഞും ഒന്നാണ് കുഞ്ഞു കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും ഒക്കെ അമ്മയിലൂടെയാണ് ഉദരത്തിന് പുറത്ത് നിന്നാലും അപ്പൊക്ക് കൂടിയാണ് ബന്ധം തുടരുന്നത് പെൺകുട്ടി അടുത്തു മാറ്റിയാലും അയച്ചുപോലും സൂക്ഷ്മമായി തുടരും അതുകൊണ്ട് അമ്മമാർ വിചാരിച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളിലും സംസ്കാരത്തിൻ്റെ വിത്തുകൾ ആഴത്തിൽ വിതയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അമ്മയ്ക്ക് തോന്നുന്നത് കാരണം പെൺകുട്ടികൾ വേറൊരു കണ്ടീഷന് ആൺകുട്ടികൾ വേറൊരു കണ്ടീഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത് അമ്മമാർ വിതച്ചാൽ അതിലൂടെ ആൺകുട്ടികൾ പെൺകുട്ടികളോടുള്ള ആദരവും പെൺകുട്ടികളെ സ്ത്രീകളുടെ ആദരവും സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പം ചിലർ ഇപ്പം സാധാരണ പറയും ശരിയായ സാഹചര്യം ചിട്ടിയാൽ അവർ ഉത്തരവാദി പൗരന്മാരാക്കി വളർത്താൻ പറ്റും എന്നുള്ളതാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇത് പറയുമ്പം നൂറര കണക്കിന് രാജ്യത്തു നിന്ന് ആശ്രമത്തിൽ കുഞ്ഞുങ്ങൾ വരും അവർ പല പല ഭാഷകളുള്ള കുഞ്ഞുങ്ങളാണ് അക്ഷരം പോലും അറിയില്ല അവർക്ക് പക്ഷേ അവർ വേദമന്ത്രം ജപിക്കും സാസ്രനാമം ജപിക്കും വേദ അതുപോലെ തന്നെ ഗീതാവ്യാഖ്യാനങ്ങൾ പറയും അതുപോലെ കുഞ്ഞുങ്ങൾ ഭജനകൾ എല്ലാം മണിക്കൂർ ധ്യാനിച്ചിരിക്കും ഇതെങ്ങനെയാണ് ഒരു ലാബിൽ ശരിയായ സാഹചര്യം കെട്ടിക്കുമ്പോൾ അതിൽ ബാക്ടീരിയസ് വളരുന്നത് പോലെ അത് കൾച്ചർ ചെയ്യുക ലാബിൽ കൾച്ചർ ചെയ്യുക എന്ന് പറയും അപ്പോൾ അതിലുള്ള ബാക്ടീരിയ വളരുന്നതുപോലെ നമ്മൾ ശരിയായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്താൽ അവർക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും മാറ്റി അപ്പം എൻ്റെ അമ്മ ഞാൻ പോയ സമയത്ത് അവിടെ ഇന്ത്യൻ കുടുംബമാണ് ഒരമ്മയ്ക്ക് അഞ്ചു എത്ര മക്കളുണ്ട് അത്രയും മക്കളും സാധനയും ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു അവരുടും അതിൻ്റെ മക്കളും അതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ കുഞ്ഞിനെവിടുന്ന് ഈ കണ് ഇത്രയും ഈ കോളേജിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഈ സംസ്കാരം മാറാത്ത അപ്പോൾ എൻ്റെ അമ്മ തന്നു ആ അമ്മ ഒഴിച്ച അവരുടെ അമ്മ തന്നു അപ്പോൾ ആ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന അമ്മമാരാണെങ്കിലും ഇവിടുന്ന് ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ആ സംസ്കാരം അവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് പറഞ്ഞത് നദീ ദേവിയാണ് അവിടെ ഇറങ്ങിയ മൂത്രം ഒഴിക്കരുത് വെള്ളം കുളിക്കാനിറങ്ങുന്നതിന് എളുപ്പ കെട്ടുമ്പോൾ തന്നെ മൂത്രം വരും പക്ഷേ അമ്മ പറഞ്ഞു ഓർത്ത് കണ്ടോളറിയാതെ കണ്ടുള്ളവരും അപ്പോൾ ആ ഇതുപോലെ നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ ചെറുപ്പത്തിൽ കൊടുത്താൽ തീടമുമ്പ് നിൽക്കുന്ന പോലും കണ്ണിനുമ്പോൾ നിൽക്കുന്ന പോലും അവയർനെസ്സും മനസ്സാക്ഷി നമ്മളെ തെറ്റിയാൻ വരപ്പിക്കില്ല ഉള്ളാണ് രാജ്യം കർമ്മരംഗം ഏതായാലും രാജ്യം കർമ്മരംഗം ഏതായാലും മലപ്പാറിനൊപ്പം പെറ്റമ്മ അറുപത് സംസ്കാരവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുവനുപേകശാലിയും മനുഷ്യത്വമുള്ളവനാക്കി തീർക്കും അതിലൂടെ ധന്യവും അതുല്യവുമായ മാതൃത്തിൻ്റെ നഷ്ടപ്പെടാതിരിക്കാൻ സ്ത്രീകൾ ഞങ്ങൾ മുന്നിട്ടേ മുന്നിട്ടെന്നാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പോകണം ഇടയ്ക്കിടയ്ക്ക് പുറകോട്ടം തിരിഞ്ഞു നോക്കണം കാരണം അവർ കൊച്ചു കുഞ്ഞു പുറകെ വരുന്നുണ്ട് അല്പം ക്ഷമ അമ്മ കാണിക്കണം അവിടെ ഹൃദയ അവിടെ വയറ്റിൽ മാത്രം ഇടം കൊടുത്താൽ പോരാ ഹൃദയത്തിലും ഇടം കൊടുക്കണം ഭാവി സമൂഹത്തിൻ്റെ കെട്ടെടുപ്പും ഭംഗിയും പരുമണവും അമ്മമാരിലോടാണ് നമ്മളുടെ മുലപ്പാൽ കുഞ്ഞിൻ്റെ ശരീരത്തെ മാത്രമല്ല പരിപോഷിപ്പിക്കുന്നത് മനോബുദ്ധികളെയും ഹൃദയത്തെയും വികസിപ്പിക്കും എന്നുള്ളതാണ് ഹൃദയത്തെയും വികസിപ്പിക്കും പെറ്റമ്മ പകർന്നുകളിൽ നിന്ന് ജീവിതമൂല്യങ്ങളും മാതൃകയാണ് കുട്ടികൾക്ക് ഭാവിതലമറിക്കും ശൗര്യവും ശക്തിയും വരുമെന്നറിയുന്നത് അതുകൊണ്ട് അമ്മമാരെ ഉണർന്നു പ്രവർത്തിച്ചാൽ സ്നേഹവും കാരണവും ഒരു നവവിപ്പിറകയും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കുട്ടികൾക്ക് സംസ്കാരത്തിൻ്റെ പാഠങ്ങൾ ഒതുക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഭക്തിയും വിശ്വാ ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഉള്ള അമ്മമാർ ഇന്നില്ലാതാവുന്നതാണ് ഏറ്റവും വലിയ ശാപം സ്ത്രീ പുരുഷന്മാർ ഭാര്യവർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര സ്നേഹവും ആദരവും വിശ്വാസവും നഷ്ടപ്പെടുകയായിരുന്നു ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ ആദരവുണ്ടാകുമെന്നുള്ളതാണ് പറയുമ്പം ഇപ്പം അച്ഛനന്മാർ മോശക്കാരെന്ന് പറയുന്നില്ല പക്ഷെ മോശം മാതൃകയായിട്ട് അച്ഛൻമാർ ഇല്ലെന്നും ഒന്നു പറയാതിരിക്കാനും വയ്യ ഒരിക്കലും അച്ഛൻ കയറി വരുമ്പോഴ് മോൻ തൻ്റെ മുറിയിലും സിഗരറ്റ് വലിക്കുകയാണ് തൻ്റെ മുകിൻ്റെ സിഗറ്റ് വലിക്കുന്ന മോനക്കളുടെ ഞെട്ടലിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുപ്പി തറയും പൊട്ടി അപ്പം അച്ഛൻ്റെ എല്ലാം പറഞ്ഞു ഉറക്കെ വിളിച്ച് ഓ എൻ്റെ ബിസ്ക് കുപ്പിയെ ഈ വിധത്തിലാണ് പല ഭാര്യ ഭർത്താക്കന്മാരുടെ അച്ഛനന്മാരുടെ മാതൃക ഇപ്പോൾ ശീലങ്ങളിലും പെരുമാറ്റങ്ങളിലും വസ്ത്രധാരണയിലും ഒക്കെ പുരുഷനെ പോലെയാണ് കണ്ണും സ്ത്രീകൾ ശ്രമിക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങളെ നമുക്ക് സഹായിച്ചേക്കാം പക്ഷേ വേശുനായ അനുകരണം നമ്മൾ ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്നുള്ളതാണ് പാചത്തിരുടെ ശീലങ്ങളും സമ്പ്രദായങ്ങളും അന്ധമായി അനു അനിയുന്ന നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് സ്ത്രീക്ക് ഏറ്റവും വലിയ സമ്പത്ത് മാതൃത്വം നഷ്ടമാകുന്നു അതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ പരാജയം എന്നുള്ള സ്ത്രീത്വവും ആന്തരിക ഗുണമാണ് അത് ശീലത്തിലോ മാറ്റം വരുത്തി കൊണ്ട് അതിന് മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളു ശരീരവും വൈകാര്യവും ആഗ്രഹങ്ങൾ സമരഹരിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിതം ബുദ്ധിയിൽ ഉറച്ചവർക്ക് സ്ത്രീ പുരുഷമെന്നും വെറും കാമതൃപ്തിക്ക് വേണ്ടിയുള്ള അവർക്ക് സ്ത്രീ എന്നാൽ ആരോടും ആദരവുണ്ടാകില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് മനുഷ്യന്ത്രത്തിനോട് ചോദിച്ച് യന്ത്രമനുഷ്യനോട് ചോദിച്ച് സ്ത്രീകളെപ്പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചത് അപ്പോൾ ആ യന്ത്രം പറഞ്ഞത് രണ്ട് കാര്യമാണ് സ്ത്രീയുടെ ശരീരവും സൗന്ദര്യവും കാരണം ലോകം മുഴുക്കുള്ള പുരുഷന്മാരെ പുസ്തകമാണ് ഈ യന്ത്രം അതാണ് തിരിച്ചു കൊടുത്ത ഭാരതൻ്റെ ജീവിത ഭീഷണം ശരീരത്തെ കേന്ദ്രീരിച്ചു കൊണ്ട് മാത്രമല്ല ആത്മാവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സകലും ഈശ്വരനെ ദർശിക്കുക ധർമ്മനിഷ്ഠയോടെ കർമ്മം ചെയ്യുക സ്ത്രീ പുരുഷ ബന്ധം ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധങ്ങളും ഈശ്വരനറിയുള്ള മാർഗമായി മാർ കാണുക ഈശാവാസിതം എന്നാണ് ഈശ്വരൻ ഒതിത്തന്നത് എല്ലാത്തിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണെങ്കിലും